എല്ലാവർക്കും എന്റെ പ്രധാനം ഇത് നമ്മളൊരു വലിയ പ്രഭാഷണം ആയിട്ടൊന്നും കണക്കാക്കട്ടെ ഇതൊരു ക്ലാസ് ഒരു ചർച്ച പുസ്തകം ഏതാണെന്ന് പ്രസംഗിക്കുന്നതാരാണെന്ന് ഒന്നും ചിന്തിക്കാൻ പോകുന്ന പുസ്തകം തോന്നട്ടെ പുസ്തകം ഭാഗവതമായാലും വാശിഷ്ഠമായാലും ഗീതയായാലും രാമായണമായാലും നമുക്കെന്താ വേണ്ടത് ഈ നിലനിൽപ്പിന് ശാസ്ത്രീയമായ ഒരു സത്യമുണ്ടോ ഉണ്ടെങ്കിൽ അതെന്താണ് ആ സത്യത്തെ അറിയുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിനെന്ത് പ്രയോജനം ഇതാണ് പ്രധാനമായും റിയാൻ പോകും അതിനിടയ്ക്ക് ചില കഥകൾ പുരാണങ്ങളൊക്കെ അത്രയേ ഉള്ളൂ സത്യം വളരെ ലളിതമാണ് ആദ്യമായി ഞാൻ ആ സത്യത്തെക്കുറിച്ച് പറയാൻ അത് ഓർമ്മിച്ച് വെക്കുക സത്യമൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്നും മനസ്സിലാവില്ല അതുകൊണ്ട് നമുക്ക് സത്യമൊന്നും വളരെ ആവശ്യമില്ല അങ്ങനെ കരുതിയതുകൊണ്ട് പ്രയോജനമില്ല എത്ര ബുദ്ധിമുട്ടിയും സത്യം എന്തെന്ന് ഉറപ്പിക്കുക ആ ഉറപ്പിന്റെ പശ്ചാത്തലത്തിൽ ജീവിക്കുക സത്യം ഉറപ്പ് വന്നാലും ജീവിതം എങ്ങനെ വേണം അതൊക്കെ ആ സത്യം നിശ്ചയിച്ചോളൂ തൽക്കാലം ജീവിതക്രമം ഒന്നും മാറ്റാൻ പോകുന്ന അതാണ് കൃഷ്ണൻ ഗീതയിൽ നമ്മോട് പറയുന്നത് നിങ്ങളെവിടെ നിൽക്കുന്നോ അവിടെ നിന്നോളൂ പക്ഷെ ഈ സത്യം കൂടെ ഓർമ്മിച്ചോളൂ എന്താ സത്യം സത്യം ഈ ജഗത്ത് ആകെ രണ്ടേ രണ്ട് ഘടകങ്ങൾ അതിന് പേരെന്തു പറഞ്ഞാലും ഉണ്ടില്ല ആ ഘടകങ്ങളെ മനസ്സിലാക്കുക മൂന്നാമതൊരു ഘടകം ഇവിടെ ഇല്ല എന്താണ് രണ്ടു ഘടകങ്ങൾ ബോധം ജഡം ചിലർക്ക് എന്നോട് ഒന്ന് പറയാറുണ്ട് സാറിപ്പോ നല്ല ദുഃഖം ബോധം അല്ല സത്യപ്രതേ വേറെ എന്തു പറയാൻ സത്യം പറയാ സത്യം ആവർത്തിക്കപ്പോൾ ഉച്ച പറയണം ആവർത്തിച്ച് കേൾക്കണം എൻ്റെ അഭിപ്രായമല്ല വ്യാസന്റെ അഭിപ്രായം ഉപനിഷത്തിൻ്റെ അഭിപ്രായം ബോധം ജഡം മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും എഴുതിയിട്ടുക അല്ലെങ്കിൽ മനസ്സിലോർമ്മിക്കുക ഈ രണ്ടു വാക്കോർമ്മിക്കാൻ പ്രയാസം കഴു മൂന്നാമതൊരു ഘടകം ഇവിടെ ഇല്ല അപ്പോൾ ഈ രണ്ടെണ്ണത്തിനെയും വേണ്ടവണ്ണം അറിഞ്ഞാൽ നിലനിൽപ്പിന്റെ പൂർണ്ണ സത്യം നമുക്ക് പിടികിട്ടി അതിൽ കൂടുതൽ എന്ത് പിടികിട്ടണം ബോധം ജഡം എന്താ ജഡം ഉണ്ടായി മറയുന്നതൊക്കെ ജഡ്ഡം അതായത് എനർജിയുടെ സ്പന്ദനം മുതൽ പുറമേ കാണുന്ന സൂര്യചന്ദ്രന്മാരുടെ ശരീരം ഉൾപ്പെടെ എല്ലാം ജഡ്ഡം ഉണ്ടായി മറയുന്നത് എനർജിയുടെ ഓരോ സ്പന്ദനവും ഉണ്ടാകുന്നു മറയുന്നു വീണ്ടും ഉണ്ടാകുന്നു മറയുന്നു സൂര്യചന്ദ്രന്മാർ ഉണ്ടാകുന്നു നശിക്കുന്നു വീണ്ടും ഉണ്ടാകുന്നു നശിക്കുന്നു ഇതിലൊന്നും ഇന്നാർക്കും സംശയമല്ല മോഡേൺ സയൻസിൽ പോലും സംശയമില്ല നമ്മൾ കാണുന്ന സൂര്യൻ ഒരു സൂര്യനല്ല ഇതുപോലെ കോടിക്കണക്കിന് സൂര്യന്മാർ ഇവിടെ ഒരു സൂര്യൻ ഇല്ലാതാകുമ്പോൾ വേറെയിടത്ത് പത്ത് സൂര്യന്മാർ ഉണ്ടാവുന്നു ഇതൊന്നും ഇങ്ങനെ നിരസിക്കാൻ ആർക്കും സാധ്യമല്ല സൂര്യന്മാരല്ലെങ്കിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ വരെ ഉണ്ടാകുന്നു മറിയുന്നു നാമരൂപം ഒരു രൂപം ഒരു പേര് രൂപവും പേരും ഉണ്ടാകുന്നു മറയുന്നു വീണ്ടും ഉണ്ടാകുന്നു ഉണ്ടാകുന്ന നിമിഷം മുതൽ മറയാനുള്ള പ്രക്രിയ ആരംഭിക്കുക ഇത് നമ്മളൊക്കെ ജനിക്കുന്നു ജനിക്കുന്ന നിമിഷം മുതൽ മരിച്ചു ഇതല്ലേ സത്യം ഇതിലാർക്കാണ് സംശയം ഇതിലൊക്കെ സംശയമുള്ളവർ സംശയം ചോദിച്ചാൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അപ്പോൾ എനർജി മുതൽ സൂര്യചന്ദ്രന്മാർ വരെ അല്ലെങ്കിൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ വരെ രൂപവും പേരും നാമരൂപങ്ങൾ ഉണ്ടാകുന്നു ഉണ്ടാകുന്നത് മുതൽ കുറെശയില്ലാതാകുന്നു ഒടുവിൽ പൂർണ്ണമായ ഇല്ലാതാകുന്നു വീണ്ടും ഉണ്ടാകുന്നു ഇതൊരാവർത്തനമാണ് ആ ബ്രഹ്മഭുനാൽ ലോക പുനരാവർത്തിനോ അർജുന അർജുന ബ്രഹ്മാവ് മുതൽ ബ്രഹ്മാവിൻ്റെ ലോകം മുതൽ സർവ്വവും വീണ്ടും വീണ്ടും ഉണ്ടാവുന്നു അപ്പം ഈ അവതാരങ്ങളൊക്കെ സാർ അവതാരങ്ങളൊക്കെ ഉണ്ടാവുന്നു ഇല്ലാതാവുന്നു വീണ്ടും ഉണ്ടാവുന്നു നമ്മളൊക്കെ അവതാരങ്ങളാണോ ഞാനല്ല പറയുന്നത് ഭാഗവത്വം അപ്പോൾ ജഡം എന്താണെന്ന് പിടീറ്റിയെ ഇതോർമിച്ചോളുക ഇനി ഇതിനുള്ള മറ്റുള്ള കാര്യം ഈ ജഡങ്ങളൊക്കെ നമ്മളുൾപ്പെടെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുൾപ്പെട്ട ഈ ജഡങ്ങളൊക്കെ എവിടെ നിന്നുണ്ടാകുന്നു ആർക്കും നശിച്ചായിരുന്നു എന്തിനുണ്ടാവുന്നു ആ ഇങ്ങനെ ജനിച്ചു മരിക്കാനാണെങ്കിൽ നമ്മുടെ കാഴ്ചക്കുടിൽ ജനിച്ചു മരിക്കാൻ വേറെ എന്താ പ്രയോജനം ചില ചില്ലറ പ്രയോജനങ്ങൾ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ജനിച്ച് മരിക്കുന്നതിന് എന്ത് പ്രയോജനങ്ങളും ഇതെവിടുന്നുണ്ടാകുന്നു ഒരു പിടിയുമില്ല ഞാനല്ല കൃഷ്ണൻ പറയുന്നു അർജുന അവ്യക്താധീന ഭൂതാന് വ്യക്തമധ്യാനി ഭാരത്വ അവ്യക്തനിധനവത്രദേവന അവ്യക്താധീന ഭൂത്താന് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല കാഴ്ചകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നിവസ്പന്ദനം മുതൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ വരെയുള്ള കാഴ്ചകളും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതെടുത്തു പറയുന്നത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അവരും ഒക്കെ ഉണ്ടായി നശിക്കുന്നതാണോ സർ എല്ലാം നാമരൂപങ്ങളാണോ പ്രളയം ഭാഗവതമൊക്കെ പറയുന്നു ഉണ്ടാവുന്നു മരിക്കുന്നു ഒക്കെ ഉണ്ടായി മരിക്കുന്നു വീണ്ടും ഉണ്ടാകുന്നു മരിക്കുന്നു അവ്യ താതയുഭൂതാനെ ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന സകലതും എന്നർത്ഥം ഗീത പറയുന്നു വ്യക്തമധ്യാനി ഭാരത്വ ഇടയ്ക്ക് കുറച്ച് ദിവസം ഉണ്ടെന്ന് തോന്നുന്നു അവ്യക്തനിധനാനി ഒടുവിൽ ഇല്ലാതാവുന്നു എവിടെ എവിടെ പോയി ഇല്ലാതാവുന്നു അർജുന ഓരുൾ പിടിയുണ്ട് അവ്യക്തനിധനാനി അവ്യക്തത്തിൽ പോയി ഇല്ലാതാവുന്നു എന്തിനു പറയുന്നു തത്രക്കാ പരിദേവന സ്ഥിതി ഇതാണെങ്കിലും നീ എന്തിന് അർജുനായി നിലവിളിക്കുന്നത് യോഭീഷ്മർ പപ്പനാണ് എന്റെ ഗുരുവാണ് തിരുവോണർ അദ്ദേഹത്തത് ഒന്നാലോ അർജുന ഇതാണ് സ്ഥിതി തത്രക്കരിദേവന ഒന്നാന്തരം ചോദ്യമാണ് ഭഗവാൻ അപ്പൊ ഇത് ചോദിക്കുന്നതിന് അർത്ഥമുണ്ട് ഈ ജനനിയമം ൾ വ്യക്തമായി ധരിച്ചുവെക്കുമെങ്കിൽ ഇത് ആദ്യം മുതൽ നമ്മളൊക്കെ എന്താ ആഗ്രഹിക്കുന്നത് ഒറ്റ ആഗ്രഹമേ ഇവിടുള്ളൂ കർമ്മം ചെയ്യാതെ പറ്റില്ല അതെന്തുകൊണ്ട് എങ്ങനെ എന്നൊന്നും ചോദിക്കരുത് ഞാൻ പറഞ്ഞല്ലോ ഇതിനൊന്നും യുക്തിയില്ല ഒന്നിനുമില്ല അപ്പോ കർമ്മം ചെയ്തേ പറ്റൂ നമ്മളൊക്കെ ഇവിടെ വന്നു എന്തിനു വന്നു എങ്ങനെ വന്നു നിശ്ചയില്ല എന്നാൽ കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റുമോ പറ്റില്ല പിന്നെ അപ്പം എന്താ വേണ്ടത് ദുഃഖിക്കാതെ കർമ്മം ചെയ്യണം ഇതാണ് ഗീത അതിന്റെ ഉപക്രമശ്ലോകത്തിലും ഉപസംഹാരശ്ലോകത്തിലും പറയുന്നത് മാസ്വിച്ച ദുഃഖിക്കരുത് ദുഃഖിക്കാതെ കർമ്മം ചെയ്യുക ഇതൊരൊറ്റ കാര്യമേ നേടാനുള്ള ഞാൻ പലയിടത്തും പറയാറുണ്ട് ഇന്നുമുതൽ ഞാൻ ദുഃഖിക്കുകയേയില്ല എന്നൊരാൾക്ക് തീരുമാനിക്കാൻ കഴിയുമെങ്കിൽ അയാൾ വേദാന്തവും പഠിക്കേണ്ട ഗീതയും പഠിക്കേണ്ട ഒരു സപ്താഹത്തിനും പോകുന്നത് ഞാൻ പോയെന്ന് വിചാരിച്ചു കുഴപ്പമില്ല അവിടെയും ദുഃഖിക്കാതിരിക്കണം ദുഃഖമില്ല എനിക്ക് ദുഃഖമില്ല സാർ ഞാൻ ഇനി ദുഃഖിക്കുകയുമില്ല ഉറപ്പാക്കാമോ വിശേഷത്തിനൊന്നും പഠിക്കാൻ പാടില്ല ഇപ്പോഴുള്ള കർമ്മമുഖം ചെയ്ത് മുമ്പോട്ട് നിന്നുക ഇതാണ് പ്രശ്നം അതിന് ഈ അറിവുകളും ഇവിടെ ഈ ജനദൃശ്യങ്ങൾക്ക് അവയുടെ ഒരേ ഒരു നിയമം ജനിക്കുക ജീർണിക്കുക ഇല്ലതാവുക ആരുടെ ജലദൃശ്യമായാലും ശരി സൂര്യചന്ദ്രന്മാരുടേയോ വിഷ്ണു ശിവൻ മഹേശ്വര ബ്രഹ്മകളുടേയോ ആരാഹാരം ജനിക്കുക ജീർണിക്കുക മരിക്കുക ഈ നിയമമാറ്റം ആർക്കു മാറ്റാൻ കഴിയും ആർക്കും മാറ്റണം ഇല്ല ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇത് ഉറപ്പുണ്ടോ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ദുഃഖിക്കണം ഒരാൾ മരിച്ചു മരിച്ചേ തീരൂടെ ജഡ നിയമമാണ് പിന്നെ എന്തിനാണ് ദുഃഖിക്കുന്നത് മരിച്ചേ തീരൂ ജഡം മരിച്ചേ തീരൂ മരിക്കാത്ത ഒരു വസ്തുണ്ട് അതാണ് ബോധം നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട് നമുക്ക് അതാണ് അത് മരിക്കുന്നില്ല അത് ജനിക്കുന്നില്ല ജീർ നിൽക്കുന്നില്ല മരിക്കുന്നില്ല ഗീത രണ്ടാം അധ്യായത്തിൽ തന്നെ ഭഗവാൻ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ് അർജുന ദേഹി നിത്യമവധ്യോജും ദേഹി ബോധം ആത്മാവ് അർജുന ഒരിക്കലും മരിക്കുന്നില്ല അന്തവന്തവിനെ ദേഹാവ ഈ ദേഹങ്ങൾ നാമരൂപങ്ങൾ അവ എന്തിനാണ് എവിടുന്നാണ് ഒരു നിശ്ചയുമില്ല ഒരു നിശ്ചയവും ഇല്ലാത്തതിനെക്കുറിച്ച് നെഞ്ചത്തടിച്ച് കരയുക രണ്ടും രണ്ടു മൂന്ന് ദിവസം പിന്നെയും ഇങ്ങനെ പോവുക പിന്നെയും എന്തെങ്കിലും വരുമ്പോ നിലവിളിക്കായി ഈ സത്യമൽപമെന്നറിഞ്ഞിരുന്നാൽ പിന്നെ എന്തിനായി നിലവിളി ഇതോ നല്ല ഉറപ്പിച്ച് മനസ്സിനെ പഠിപ്പിക്കാമെങ്കിൽ ത്സരി ഉള്ളതൊക്കെ ചെയ്യുന്നു ഒരാൾ സുഖായിട്ട് കിടക്കുന്നു പരമാവധി എന്നുവെച്ചതൊക്കെ ചെയ്തേ തീരുള്ളൂ നമ്മുടെ കർമ്മം നല്ല ഡോക്ടറെ മരിച്ചു ഇനി എന്താ മരിച്ചതിന് ശേഷം ചെയ്യാനുള്ളത് ചെയ്യുന്നു ദുഃഖിക്കാതെ കരയാത്ര ദുഃഖിച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല ഈ ജലരഹസ്യം അറിഞ്ഞുവെക്കുക ോധം അതുണ്ടാകുന്നതല്ല ജീർണിക്കുന്നതല്ല നശിക്കുന്നില്ല അതാണ് നിത്യവസ്തു സത്യം ശാസ്ത്രീയമായ ഈശ്വരൻ ഒരൊറ്റ ഈശ്വരനെയുള്ളൂ ബോധം എന്ത ഈ ബോധം ഉണ്ടെന്ന് അനുഭവമുള്ള വസ്തു ഞാനുണ്ട് മറ്റെല്ലാം ഉണ്ട് എന്ന അനുഭവത്തോടുകൂടിയ വസ്തു ഒരൊറ്റ വസ്തുവേ ഉള്ളൂ ഈ രകത്തിൽ സൂര്യനിലായാലും ചന്ദ്രനിലായാലും ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു ഉണ്മ അതാണ് സത്ത് ഉണ്മ സത്തേതിനാ ചിത്ത് ചിത്തിന് ബോധത്തിന് ആ സത്ത് നല്ല ശുദ്ധമായാൽ ആനന്ദം ഒടുങ്ങാത്തെ ആനന്ദം ജനിക്കാത്ത ആനന്ദം മരിക്കാത്ത ആനന്ദം നമ്മളൊക്കെ ആനന്ദമല്ലേ അന്വേഷിക്കുന്നത് അപ്പോൾ ഉണ്ടായി നശിക്കുന്നത് ജഡം എവിടെ നിന്നുണ്ടായിരുന്നോ എന്തിനുണ്ടായിരുന്നോ ഒരു പിടിയുമില്ലാത്തത് ജഡം ഉണ്ട് ഞാനുണ്ട് മറ്റുള്ളതൊക്കെ ഉണ്ട് എന്ന നിരന്തരം അനുഭവമുള്ള വസ്തു ബോധം ഈ ബോധം ബോധമുണ്ടെങ്കിലേ എന്തനുഭവവും ഉള്ളു ആ ബോധം സർവത്ര നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെയൊക്കെ ഈ സ്പേസ് ആകാശം എന്ന് പറയുന്നത് ആ ബോധത്തിൽ കാണുന്ന ആദ്യത്തെ കാഴ്ചയാണ് ആകാശം എവിടെ നിൽക്കുന്നു ബോധത്തിൽ അപ്പോ അതെങ്ങും നിറഞ്ഞു നിൽക്കുന്നു നിശ്ചലമായി നിൽക്കുന്നു ആനന്ദസ്വരൂപമായി നിൽക്കുന്നു അതനങ്ങുന്നില്ല അതുകൊണ്ടാണ് ഈ എനറിൽ മുതലുള്ള ജഡം എവിടുന്നുണ്ടായി എന്ന് നിശ്ചയമില്ല ഈ ബോധത്തിൽ നിന്നുണ്ടായതായിക്കൂടെ പറ്റില്ല ഒന്നാമത് ബോധവും ജഡവും വെളിച്ചു ഇരുട്ടും പോലെ പരസ്പര വിരുദ്ധമാണ് ഒന്നുണ്ടെന്നറിയുന്ന വസ്തു മറ്റേത് ശൂന്യം ഒന്ന് നിശ്ചലം ബോധം ജഡം ചഞ്ചലം എനർജി മുതൽ ജഡമാണ് ചഞ്ചലം അത് എനർജി മുതൽ ജഡമാണെന്നൊക്കെയുള്ളത് ഇരുന്ന് ഫിസിക്സിനും കെമിസ്ട്രിക്കുമൊക്കെ സമ്മതമുള്ളത് കാര്യമാണ് സൂക്ഷ്മജടങ്ങൾ പറഞ്ഞുള്ള വേണമെങ്കിൽ അപ്പോ ബോധം ജനിക്കുന്നതല്ല ജീർണിക്കുന്നതല്ല മരിക്കുന്നതല്ല അതെങ്ങും നിറഞ്ഞു പറ്റു ജഡം പോലും ഉള്ളതായി തോന്നണമെങ്കിൽ എന്നും ബോധം നിറഞ്ഞു നിന്നേ പറ്റൂ അപ്പോ ബോധം നിറഞ്ഞു നിൽക്കുന്നു നിശ്ചിതമായി നിൽക്കുന്നു അത് നശിക്കുന്നില്ല അതാണ് ശാസ്ത്രീയമായ സത്യം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ ഈശ്വരം അതിൻ്റെ മറ്റൊരു പേരാണ് ബ്രഹ്മം ബ്രഹ്മം ഉപനിഷത്ത് തന്നെ നിർവചിക്കുന്നു എന്താ ബ്രഹ്മം ബോധം പ്രജ്ഞാനം ബ്രഹ്മം പ്രജ്ഞാനമാണ് ബ്രഹ്മം ഐവരേ ഉപനിഷത്ത് പറയുന്നു പ്രജ്ഞാൻ നേത്രം ജഗത്ത് ഈ ജഗത്ത് ബോധമാകുന്ന കണ്ണോടുകൂടിയതാണ് കാരണം ബോധമില്ലയോ പിന്നൊന്നുമില്ല ഒന്നും അപ്പൊ ഈ ബോധമാണ് സത്യം അപ്പോ ഈ ഉണ്ടായിമറയുന്ന ജലമോസ അസത്യം ബോധത്തിൽ നിന്നുണ്ടാകാൻ പറ്റില്ല അസത്യെന്ന് പറഞ്ഞാൽ ഉണ്ടാകാതെ ഉണ്ടെന്ന് തോന്നുന്ന ഒരു അതാണ് മായ യുക്തിയില്ലാതെ ഉണ്ടെന്ന് തോന്നുന്ന വസ്തു ഒരു യുക്തിയും ആർക്കും ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധിക്കില്ല ഏത് ഗംഭീരശാസ്ത്രജ്ഞനോ സൂര്യനിലോ ചന്ദ്രനിലോ പോയി നോക്കട്ടെ പുറത്തു നിന്ന് ഇതിൻ്റെ രഹസ്യം ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധ്യമല്ല എന്തുകൊണ്ട് സാധ്യമല്ല ഇതുണ്ടാവുന്നില്ല ഇത് വെറുപര് തോന്നൽ ബ്രഹ്മസത്യം ജഗന്മിഥ്യ ഇതാണ് വേദാന്ത സിദ്ധാന്തം കരുത്തുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യട്ടെ ജഗന്മിഥ്യ അതങ്ങനെ ഉള്ളത് കാണുന്നത് അവസാർ അതെ ഭാഗവതമൊക്കെ പലയിടത്തും പറയുന്നു സ്വപ്നം കാണുന്നില്ലേ എന്നാൽ സ്വപ്നം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വ്യക്തമായ ഒരു ദൃഷ്ടാന്തമാണ് സ്വപ്നം അത് വളങ്ങാൻ കിടന്ന് ഒരു പ്രപഞ്ചം തന്നെ ഉണ്ടാകുന്നു ആകാശം മുതൽ സൂര്യചന്ദ്രന്മാർ സകലതുൾപ്പെട്ട പ്രപഞ്ചം കുറേ നേരം അനുഭവിക്കുന്നു അനുഭവിക്കുമ്പോൾ വ്യക്തമായും ഉണ്ടെന്ന് തോന്നുന്നു ഉണരുന്നതോടുകൂടിയെല്ലാം തീർന്നു സ്വപ്നം കണ്ടയാളും ഇല്ല സ്വപ്നത്തിൽ കണ്ട വസ്തുക്കളുമില്ല പിന്നെയോ ഉറങ്ങിക്കിടന്ന ബോധം മാ എന്താ ആർക്കെങ്കിലും ചോദ്യം ചെയ്യാൻ പറ്റുമോ സ്വപ്നം എവിടുന്ന് വന്നു ആർക്കെങ്കിലും തീർത്തു പറയാൻ കഴിയുമോ അത് ആ ഉള്ളിൽ കിടന്ന വാസനകൾ സ്വപ്നമായിട്ട് അത് വാസന ഉൾപ്പെടെ ഉള്ളതാണ് ഈ ജടം ആ വാസന എവിടുന്നു ഉള്ളിക്കടക്കിടന്ന വാസന തന്നെ പ്രപഞ്ചവാസന അതെവിടുന്ന് വന്നു ബോധത്തിങ്ങ് വരാൻ പറ്റില്ല ചഞ്ചലമാണ് ആ വാസന പോലും നിശ്ചലമായ ബോധത്തിൽ നിന്ന് ചലിക്കുന്ന യാതൊന്നും ഉണ്ടാകാൻ പറ്റില്ല ആരെവിടെ വേണോ അന്വേഷിച്ചു നോക്കട്ടെ ഗംഭീര സത്യമാണിത് ഇത് വേണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ ഇത് ജ്ഞാനമാണെന്നും ജ്ഞാനമെന്ന് നമുക്ക് വേണ്ട സാർ നമുക്ക് കുറച്ച് ഭക്തിയൊക്കെ നല്ലതും അത്യാവശ്യം പക്ഷേ ജ്ഞാനം വിട്ടാൽ ഭക്തി പോലും മനുഷ്യനെ കടുത്ത ബന്ധത്തിലും കൂരിരുട്ടിലും കൊണ്ടെത്തിക്കുമെന്നാണ് ഉപനിഷത്ത് പറയുന്നത് ഈശാവശ്യ ഉപനിഷത്തും മറ്റും വായിച്ചുള്ളത് അന്ധന്തമപ്രവിശത്തി കൂരിരുട്ടിൽ ഈ ജ്ഞാനം വിട്ട അവിടെ നമുക്ക് അടുത്ത നാലഞ്ച് ദിവസങ്ങളിൽ മഹാബലി ചരിത്രം എന്ത് മഹാബലി മഹാബലി ചരിത്രമാണ് ആരുടെ ചരിത്രമു അവിടെ ഇതോർമ്മിക്കുക നമുക്ക് പ്രധാനം ഈ സത്യബോധം ഉറപ്പിക്കുക എന്തിന് ദുഃഖമൊഴിവാൻ വെറും കഥ കേട്ടതുകൊണ്ടൊന്നും ആരുടെയും ദുഃഖം ഇവിടെ ഒഴിവാകാൻ പോകുന്നില്ല ആരുടെയും എന്താ മഹാബലി ചരിത്രം അസുരന്മാറും വലിയ വേദാന്തികൾ ഭാഗവും വായിച്ചു നോക്കുക മഹാബലിയുടെ അപ്പുപ്പന്റെ അച്ഛനായിരുന്നു ഹിരണ്യകശിപു അപ്പുപ്പൻ പ്രഹ്ലാദൻ മഹാബലിയുടെ അച്ഛനായിരുന്നു അപ്പുപ്പനായിരുന്നു പ്രഹ്ലാദൻ മഹാബലിയുടെ അച്ഛൻ വിരോചന വിരോചനന്റെ അച്ഛൻ പ്രഹ്ലാദൻ പ്രഹ്ലാദന്റെ അച്ഛൻ ഹിരണ്യകശിപു ഹിരണ്യ രക്ഷിപ്പോ അതിന്റെ അനുജന് ആണ് ഹിരണ്യാക്ഷൻ ആ ഹിരണ്യാക്ഷനെ ഭഗവാൻ വധിച്ചു ഇയാള് ഭൂമിയൊക്കെ ചുരുട്ടിയെടുത്തത് കടലിൽ ഇറങ്ങിയപ്പോ പന്നിയായി അവതരിച്ച് ഭഗവാൻ വധിച്ചു ഭഗവാൻ സാർ ഭഗ അപ്പൊ ഭഗവാൻ ഇങ്ങനെയൊക്കെ അവതരിക്കുമോ സാർ ഏ ഭഗവാൻ ആണല്ലോ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളായി ഇവിടെ അവതരിച്ചിരിക്കുന്നത് ഈ ഒരു ബ്രഹ്മാണ്ടുമല്ല അതൊക്കെ ഇന്ന് എല്ലാവർക്കും സമ്മതം മില്യൻസ് ഓഫ് സോളാർ സിസ്റ്റംസ് പുതിയ പുതിയ ഗാലക്സീസ് നമ്മള് ശാസ്ത്രജ്ഞന്മാർ അമ്പരന്ന് നിക്കുകയാണ് ചന്ദ്രന്റെ സൂര്യനിലൊക്കെ പോകുന്ന നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ അമ്പരന്ന് നിക്കുന്നു പുതിയ പുതിയ നക്ഷത്രങ്ങൾ ഗാലക്സീസ് ഇതെവിടെ നിന്നു വരുന്നു അപ്പോ ബ്രഹ്മാണ്ട കോടികൾ എന്ന് നമ്മൾ പണ്ടേ പറയും പണ്ടേ ഭാരതത്തിലെ കുട്ടികൾ പോലും പറയും ബ്രഹ്മാണ്ട സഹസ്രങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്തിനു വരുന്നു ഓ ഹിരണ്യകശിയോ അമ്മയെ വിളിച്ചുപദേശിക്കുന്നു ഭാഗം വഹിച്ചു വഹിച്ചു നോക്കുക അമ്മേ ഇതൊന്നും സാരമില്ല അമ്മ ദുഃഖിക്കരുത് ഹിരണ്യാക്ഷൻ മരിച്ചപ്പോൾ അമ്മയ്ക്ക് വലിയ ദുഃഖമാണ് ഭാഗവതത്തിൽ ഹിരണ്യകശുവിന്റെ ഉപദേശം വായിച്ചു നോക്കുക അമ്മ ഇവിടും ഒന്നുമില്ല ഇത് വെറും മായ വെറും ഒരു കളി പിന്നെ നീ എന്തിനാണെന്നോനെ ഈ ദേവന്മാരെയൊക്കെ അടിച്ചു പുറത്താക്ക അതൊരു കളി ഞാൻ അതിന്റെ ഭാഗമാണ് ഈ മഹാബലി ചരിതം തന്നെ അദ്ഭുതമായ ഒരു ചരിത്രമാണ് മൂന്ന് ബ്രഹ്മനിഷ്ഠന്മാർ ഒരു വ്യവഹാര രംഗത്ത് എങ്ങനെ പെരുമാറും എന്നതിൻ്റെ ഉജ്ജ്വലമായ കഥയാണ് നമ്മളൊക്കെ തരുത്തി വച്ചിരിക്കുന്നത് മഹാബലിയ ഭഗവാൻ ചവിട്ടി പാതാളത്തിൽ അഴുത്തി അദ്ദേഹം വല്ലപ്പോഴും ഒരു ദിവസം തിരുവോണ ദിവസം ഇവിടെ കാണാൻ വരും അതൊക്കെ വന്നോട്ടെ നമുക്ക് സന്തോഷം പക്ഷെ അങ്ങനെയൊന്നുമല്ല അദ്ദേഹം ചവിട്ടി താഴ്ത്തിയല്ല അതൊക്കെ നമുക്ക് മൂന്ന് ബ്രഹ്മനിഷ്ഠന്മാർ ആര് വാമനൻ ശുക്രാചാര്യൻ മഹാബലി ഇവര് മൂന്ന് പേരും അവരവരുടെ വ്യവഹാര രംഗത്തും ചെയ്യുന്ന നമ്മളിതെങ്കിലും ഒന്നാം തരം ഒരു നാടകം ഈ ജഗത്ത് ആവർത്തിച്ചഭിനയിക്കപ്പെടുന്ന ഒരു നാടകം അതാണ് ഈ ജഗത്ത് ഇവിടെ ഈ മൂന്ന് ബ്രഹ്മനിഷ്ഠന്മാർ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നമുക്ക് കണ്ണ ചർച്ചയാണ് എന്തായാലും ഹിരണ്യശൂൻ്റെ ആയിരുന്നു ഗംഭീരമായിട്ട് ഉപദേശിക്കുകയാണ് അമ്മ കരയരുത് കരയരുത് ഞാന് ഇതിന്റെ പകരം വീട്ടും ശത്രുവാണീ വിഷ്ണു ഞാനയാളുടെ പകരം വീട്ടും ഞാനിതാ തപസ്സിന് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അത് ഹിരണ്യേശുപേരിന്റെ കഥ വായിച്ചു നോക്കുക പക്ഷെ അദ്ദേഹം വെറുവാസുരനാണ് കൊള്ളരിവാത്തനാണ് ഇതൊക്കെ ഭാഗവതം പോലുള്ള കൃതികൾ വായിക്കാതെ പറഞ്ഞു വരുത്തുന്നതാണ് അദ്ദേഹം ഈ നാടകത്തിലെ ഒന്നാം തരം ഒരു കഥാപാത്രം നാടകത്തിലൊരു കെട്ടിയാൽ ആ കഥാപാത്രത്തിന്റെ ഭാഗം അഭിനയിക്കാതെ പറ്റുമോ അത്രയേ ഉള്ളൂ രണ്ടേശുവിനൊക്കെ അത്രേ ഉള്ളൂ അതിൽ കൂടുതൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല നമുക്കും അത് സാധിക്കണം നമ്മളിവിടെ വന്നിരിക്കുന്നു കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഓരോരുത്തരുടെയും കെട്ടി വന്നിരിക്കുന്നു ഭംഗിയായിട്ട് കളിക്കുക ഇടയ്ക്ക് ദുഃഖം വന്നാൽ കളിയൊക്കെ കുഴപ്പത്തിലാവും ഒരു നാടകത്തിൽ യഥാർത്ഥമായ ഒരു നടൻ ദുഃഖിക്കാൻ തുടങ്ങിയാൽ പിന്നെ നാടകം ഇവിടെ നടക്കുന്നത് അതാണ് ഗംഭീരമായിട്ടിവിടെ ജീവിക്കുക നല്ല ഉല്ലാസമായി അല്ല ഇവിടെ കരയാനും എന്തു തടിക്കാനും അങ്ങനെ ഒരു വിശേഷമില്ല ഒരു വിശേഷമില്ല ആ കരഞ്ഞാലും എത്ര കണ്ണുനീർ വാഴ്ത്തിയാലും ഇതിങ്ങനെ പോകും ഇതൊന്നും നന്നാക്കി കളയാനൊന്നും അങ്ങനെ ആർക്കും സാധ്യമല്ല എന്നുവെച്ച് നന്നാക്കേണ്ടല്ലേ നന്നാക്കണം അതും ഈ കളിയുടെ ഒരു ഭാഗമല്ലേ നന്നാക്കേണ്ടവർക്ക് നന്നാക്കാതിരിക്കാൻ പറ്റില്ല ആരൊക്കെ നന്നാക്കി ക്രിസ്തുദേവൻ ബുദ്ധദേവൻ നബീലദേവൻ കാറൽമാർസ് ഒക്കെ ഒക്കെ നന്നാക്കി നല്ലത് ഇനിയും വരും ഇനിയും ബുദ്ധൻ വരും ർക്സ് വരും നബി വരും എന്നുവെച്ചാൽ ഇതിന്റെ ഭാഗമാണ് ആവർത്തിച്ച് പക്ഷെ നന്നാകുന്നൊക്കെ ഇത്ര ഇപ്പം നന്നായിരിക്കും പോലെയൊക്കെ ഉള്ളു കുറച്ച് നന്നായെന്ന് തോന്നും അതും ഇല്ലെന്ന് പറയുന്നല്ല കൂടുതൽ വഷളാവും എന്നെല്ലാം കണ്ടുപിടുത്തം നടത്താലും ഇപ്പൊ ഇന്റർനെറ്റ് വരെ ഉണ്ട് സാർ വളരെ നല്ലത് വേണ്ടാന്തും വേദാന്തം പറയില്ല ഭഗവാന്റെ കളി നിശ്ചയമായിട്ടും നല്ലത് പ്രശ്നം അതല്ല ലോകം എന്തുമാത്രം നന്നായി എന്തുമാത്രം വഷളായി ഒക്കെ പണ്ടേപ്പോലെ വഷളത്തരവും നന്നായാലും ഒക്കെ പണ്ടെപ്പോലെ അപ്പൊ നമുക്ക് മഹാബലി ചരിത്രത്തിലേക്ക് തന്നെ കടക്കാം ഇത് ബോധം ജഡ് ബോധം സത്യം ഉണ്ടെന്ന് അനുഭവിക്കുന്ന ബോധം സത്യം യാതൊരനുഭവവും ഇല്ലാത്ത ജലം അസത്യം അപ്പൊ പിന്നെ അതെന്താണ് സാർ ബോധത്തിൽ കാണുന്ന ഒരു ഭ്രമം അതെങ്ങനെ സാർ സ്വപ്നം കാണുമ്പോൾ അല്ലെങ്കിൽ മരുഭൂമിയിൽ കാനൽ ജലം കാണും പോലെ മരുഭൂമിയിൽ കാനൽ ജലം നാട്ടുച്ചയ്ക്കൊക്കെ നോക്കിയാൽ ഒന്നാം തരം ഒരു ജലാശയം അലയടിക്കുന്നത് പോലെ തോന്നും ചിന്തിക്കാൻ കഴിവില്ലാത്ത മാന്പേടകൾ ആ വെള്ളം കുടിക്കാനായി ഓടും എന്ത് ചിന്തിക്കുന്നില്ല മരുഭൂമിയിൽ വെള്ളമുണ്ടാവാൻ പറ്റുന്ന പറ്റില്ലല്ലോ എന്ന് അറിഞ്ഞുകാ ഓടുന്നു വെള്ളം കുടിക്കാൻ ഓടുന്നു ഓടുംതോറും വെള്ളം അകലുന്നു അതാ വീണ്ടും പത്തണ്ടിയേറെ വെള്ളം ഒടുവിൽ ഒരു തുള്ളി വെള്ളം പോലും കാര്യമായി കുടിക്കാൻ കിട്ടാതെ ആ മരുഭൂമിയിൽ വീണ ചാവുന്നത് അതാണ് മൃഗതൃഷ്ണിക ഇതല്ലേ ജഗത്ത് സുഖം എവിടെ അത് ചന്ദ്രനിൽ പോയാൽ കുറച്ച് സുഖം കിട്ടും സാർ ഒരു തെറ്റുമില്ല അതൊക്കെ നടന്നേ പറ്റും അന്ന് ഞാൻ വായിച്ചുള്ള ഈ ചന്ദ്രനിൽ പോകാൻ വേണ്ടി അമേരിക്ക ചെലവാക്കിയ പണം ഉണ്ടായിരുന്നെങ്കിൽ ഭൂമണ്ഡലത്തിലെ സക്കലരുടെയും ദാരിദ്ര്യം മാറ്റാൻ പറ്റുമായിരുന്നു പക്ഷെ ചന്ദ്രനിപ്പോയി പോയവരെ ഗന്ധുകിട്ടി കുറച്ചും കുറച്ചും കുറച്ച് മണ്ണ് അവിടെ നിന്ന് കിട്ടി അതിവിടെ ഇല്ലേ മണ്ണ് എങ്കിലും ഇത് ചന്ദ്രനിലെ മണ്ണല്ലേ വേറെ എന്താ കിട്ടിയത് അങ്ങനെയല്ല സാർ ഇപ്പം ഇന്റർനെറ്റ് വരെയൊക്കെ കണ്ടുപിടിച്ച വളരെ നല്ലത് ഇതൊന്നും വേണ്ട എന്ന് പറയുന്നു ഒരിക്കലും കരുതൽ പറഞ്ഞാൽ നടക്കുകയില്ല ഗംഭീരമായിട്ടതൊക്കെ നടക്കട്ടെ പക്ഷേ മനുഷ്യന്റെ ശാന്തിയും സുഖവും എത്രമാത്രം വർദ്ധിച്ചു ലോകം എന്തുമാത്രം നന്നായി അതൊക്കെ അവിടെ ഇരിക്കട്ടെ നമുക്ക് മഹാബലിചരിതം ചർച്ച ചെയ്യുമ്പോൾ കൂടുതൽ വ്യക്തമാകും ഹിരൺ രേശകു അല്ലെ ഹിരൺ നികേശവും ഒടുവിൽ വരവൊക്കെ വാങ്ങി ഒരു തരത്തിലും തൻ മരിക്കരുത്ത് എന്ന് കരുതിയാണ് ബ്രഹ്മാവിനോട് വരം ചോദിച്ചു വാങ്ങിയത് അതാ വരം ചോദിക്കുന്ന കണ്ടീഷൻസ് വായിച്ചു നോക്കിയാലറിയാം പക്ഷേ ഈ കർമ്മഗതിയെ ഞാൻ മരിക്കാനേ പാടില്ല എന്ന പരം ചോദിച്ചു ബ്രഹ്മവ് പറഞ്ഞു അത് മാത്രം പറ്റില്ലേ വേറെ എന്ത് ഈ മരണത്തെ തരാൻ വേറെ എന്ത് രീതിയിലോ നെയ് ചോദിച്ചോ അതൊക്കെ തരാം പക്ഷെ മരിക്കരുത് എന്നുള്ള വരം തരാൻ നോക്കില്ല അതിനേണ്ടി അത് എൻ്റെ പോർട്ട്ഫോളിയോ ഇല്ല ഞാൻ വിചരിച്ച സാധ്യമേ അല്ല അപ്പം പിന്നെ എന്താ ഞാൻ ആയുസം കൊണ്ട് മരിക്കരുത് അകത്ത് വെച്ച് മരിക്കരുത് പുറത്ത് വെച്ച് മരിക്കരുത് മൃഗങ്ങൾ കൊള്ളരുത് തന്നെ മനുഷ്യർ കൊള്ളരുത് ഇങ്ങനെ ഒരു നൂറ് കാര്യങ്ങളാണ് എല്ലാം ചോദിച്ചിരിക്കുന്നു പക്ഷേ നമുക്കറിയാണല്ലോ എന്തു വന്നാലും കർമ്മഗതി ഈ കർമ്മഗതി എത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല അതാണ് ഒടുവിൽ തൻ്റെ കൊച്ചും മോൻ നിമിത്തം അയാൾക്ക് മരിക്കേണ്ടി പുറത്തല്ല അകത്തല്ല ആയുധമല്ല മനുഷ്യനല്ല മൃഗമല്ല പോകുന്നത് അതൊക്കെ ആ ചരിത്രം വായിച്ച് നോക്കിക്കുകൾ യേശു പോയിട്ടുണ്ടോ പ്രഹ്ലാദൻ പ്രഹ്ലാദന ഒരു ഭക്തനായിട്ടാണ് പലരും കരുതിയിരിക്കുന്നത് മഹാജ്ഞാനി ദ്വാദശലക്ഷണ ആത്മാ പ്രഹ്ലാദൻ തന്റെ സഹപാഠികൾക്ക് പന്ത്രണ്ട് ലക്ഷണങ്ങളോടുകൂടിയ ആത്മകത്വം വിവരിച്ചു കൊടുക്കുക പ്രഹ്ലാദൻ കഴിഞ്ഞു പ്രഹ്ലാദന്റെ മകനാണ് വിരോധന മഹാസത്യവാന് സത്യം നല്ല ബോധ്യപ്പെട്ടത് എന്താ കഥ ഒരിക്കൽ ദേവന്മാർ വന്നു അസുരനാണോ അസുരന്മാർ വന്ന് വിരോചനോട് ചോദിച്ചു വിരോചന്ദനോട് ഞങ്ങൾക്ക് ദാനം വേണം മഹാബലിയോട് വാമനൻ ചോദിച്ചതുപോലെ തന്നെ എന്തുവേണോ ചോദിച്ചോളൂ അപ്പൊ എന്തു ചോദിച്ചാലും അങ്ങ് തരും എന്ന് ഉറപ്പ് തരാമോ തരാം എന്തു വേണോ ചോദിച്ചോളൂ വിരോധനുണ്ടോ എന്നാൽ അങ്വിടെ ശരീരം ഞങ്ങൾക്ക് വേണം വിരോചനം ചിരിച്ചു ദേഷ്യപ്പെട്ട് എടുത്തോ എനിക്കിനിതാവശ്യമില്ല ഇത് വെറും ജഡം ഇതെന്നെ ഞാൻ വിചാരിച്ച പോലും അധികാരമൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ ഒക്കില്ല സന്തോഷപൂർവ്വമായിട്ട് തോന്നും അങ്ങനെയാണ് വിരോധനൻ പോയത് പ്രഹ്ലാദന്റെ അല്ല മഹാബലിയുടെ അച്ഛൻ അന്ന് മുതൽ മഹാബലി രാജ്യഭാരമേറ്റവും ഗംഭീരമായി തന്റെ ജോലി നടത്തി അതിനു മുൻപ് തന്നെ അച്ഛനോട് രാജ്യഭാരം എടുക്കുന്നതിന് മുൻപ് രാജ്യഭാരം ഏറ്റവും സുഖങ്ങളൊക്കെ അനുഭവിച്ചു കുറെ കഴിഞ്ഞപ്പോൾ വിരത്തി വന്നു അച്ഛനോട് ചോദിച്ചു എന്നാണ് അച്ഛനോട് എന്താച്ചാ ഇങ്ങനെ പോയാൽ ഒരേതരം ഭോഗങ്ങൾ ആവർത്തിച്ചനുഭവിക്കുന്നു നിലക്കിറപ്പ് കുടിച്ചു ും കാപൂടി തന്നെ ഇല്ലെങ്കിൽ ദോശ അത്രയല്ലേ ഉള്ളു അല്ലെങ്കിൽ വേറൊരു പലഹാരം ആവർത്തനം എനിക്കിത് മുഷിഞ്ഞു അച്ഛ ഇനി എനിക്കിത് വേണ്ട ആവർത്തിത്ത് അനുഭവിക്കുന്നു അനുഭവിക്കുമ്പോൾ ഒരു സുഖമുള്ളതെന്ന് തോന്നുന്നു കുറച്ച് കഴിഞ്ഞതില്ലാതാകുന്നു വീണ്ടും അനുഭവിക്കണം എന്ത് സുഖമായാലും അതുകൊണ്ട് ആവർത്തിക്കപ്പെടാത്ത സുഖത്തിനൊരിക്കലും ഒരു കേടും വരാത്ത് എന്തെങ്കിലും വസ്തു ഇവിടുണ്ടോ അച്ഛ എന്ന അച്ഛനോട് ചോദിച്ചു മഹാബലി അതാണ് വാശിഷ്ടം പറയുന്നു കിംവാഭവതിഭുക്തേന ഭൂരി ഭോഗാതിഭരിണ ആപാതമാത്രമധുരം ആവശ്യക പരിക്ഷയം ിന്തിക്കാം അനുഭവിച്ചനുഭവിച്ചു അടുത്തു തിംവാഭവതിഭുക്തേന ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് ചെയ്യാം ഭൂരിഭോഗ അതിഭാരണ ഭോഗങ്ങളെല്ലാം സ്വർഗം വരെ മഹാബലിയുടെ കയ്യിലാണ് ദേവന്മാരെയൊക്കെ അടിച്ചു പുറത്താക്കി ഇച്ചത്ത ജോലി ഭംഗിയായിട്ട് ചെയ്തു ഭൂരിഭോഗാതിഭാരങ്ങ ആപാത്തന്മാത്രമധുരം അനുഭവിക്കുമ്പോൾ ആ കൊള്ളാം എന്നൊരു തോന്നൽ നമ്മളിവിടെ പല ഭക്ഷണ സാധനങ്ങളുമൊക്കെ ചിക്കനും അത് ഇതൊക്കെ അനുഭവിക്കുന്നില്ല അനുഭവിക്കുമ്പോൾ കൊള്ളാം ഞാനൊരിക്കറച്ചു പേരുകൂടി ഈ പലതരം ചിക്കനെക്കുറിച്ച് ഒരു ചർച്ച ആർക്ക് ഏതു തരം ചിക്കനാണ് ഇഷ്ടം വളരെ രസകര അവരൊക്കെ പറയുന്നു എനിക്കിതാണ് ഇഷ്ടം വളരെ നല്ലത് ഒന്നും വേണ്ട എന്ന് വേദാന്തി പറയുന്നില്ല പക്ഷേ ആപാതം മാത്രം മധുരം പെട്ടെന്ന് ഒരു സുഖം അവശ്യക പരിക്ഷയം നിശ്ചയമായിട്ടും ഇത് ക്ഷയിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിക്കുന്നു ഇപ്പൊ ദിവസേന കഴിക്കാൻ കിട്ടും അതെങ്കിലും നടക്കുമോ ഒരിക്കലും നടക്കില്ല കുറെ കഴിഞ്ഞു ഭക്ഷണം എല്ലാം വേണ്ടത്രയുണ്ട് കഴിക്കാൻ പറ്റുന്നില്ല വയറ്റിനു വേദന പല്ലിന് തീരെ പല്ലെല്ലാം പുഴിനും തീരശക്തിയില്ല എന്തെങ്കിലും കഴിച്ചാലും വല്ലാത്ത അസുഖം ചുറ്റുമോ എല്ലാം കയ്യിലുണ്ടൽ ദോശ ചപ്പാത്തി ഒക്കെ മുമ്പ് നിരത്തി വച്ചിരിക്കുകയാണ് ിക്കാൻ അതിയായ ആഗ്രഹവും സത്യബോധമില്ലാതെ ഏത് ഭൗതികസുഖമനുഭവിച്ചാലും അനുഭവിക്കും തോറും അത് വീണ്ടും വീണ്ടും അനുഭവിക്കണം എന്നുള്ള ആർത്തി വർദ്ധിച്ചുകൊണ്ടേ അതാണ് ഈ ഭൗതികസുഖാനുഭവത്തിൻ്റെ മായാമയത്വം അത് ചില പാശ്ചാത്യ മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ ഫ്രോയ്ഡോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പറയുന്ന അവർക്ക് ഈ സത്യമെന്തെന്ന ഒരു പിടിയുമില്ല അതൊക്കെ അനുഭവിച്ച് അങ്ങ് തീർക്കണം തീർക്കാൻ പറ്റുമ്പോൾ ഒരു വിരോധമില്ല ആർക്കെങ്കിലും ഇന്ന് വരെ തീർന്നിട്ടുണ്ടോ ആർക്കും ഭാഗവത്തിലും മറ്റും ഏയാതയുടെയും മറ്റും കഥകളുണ്ട് വായിച്ചു നോക്കുക എന്നുവെച്ചാൽ തനിക്ക് ശാപന്തനത്തു വർദ്ധക്യം മകന്റെ ഓനം കടം വായിച്ച് മുനി അതിനനുവദിച്ചു അദ്ദേഹം സുഖിച്ചു പക്ഷെ ഒടുവിലായപ്പോ സുഖിക്കാനുള്ള ആഗ്രഹത്തിനൊരു കുറവുമില്ല അപ്പൊ ഏയാദി പറയുകയാണ് നാമ കാമാനം ഉപഭോഗേന സാമ്യത്തി ഹവിഷാ കൃഷ്ണപത്മേവ ഭൂയേവഭിവർത്തേ തത്വബോധമില്ലാത്ത ഭൗതികസുഖങ്ങൾ അനുഭവിക്കുന്നത് നെയ്യൊഴിച്ച് തീകെടുത്തും പോലാണ് നെയ്യൊഴിച്ചാൽ തീ കെടുന്നതുപോലെ തോന്നും പക്ഷേ പണ്ടത്തെ ഇതിനേക്കാൾ പതിന്മടഞ്ഞ് ശക്തിയായി തീ മാളിക്കത്തും അതുപോലെ അപ്പോ വിചാരം ചെയ്ത് അപ്പോൾ ഒന്നും അനുഭവിക്കേണ്ടൊന്നുമല്ല വേദാന്തത്തിനങ്ങനെ ഒരു അഭിപ്രായമേ ഇല്ല അനുഭവിക്കും പക്ഷെ എന്തുമാത്രം വിലയുണ്ട് ഇതിന് മാത്രമല്ല അവശ്യക പരീക്ഷയം ഇതില്ലാതാവും അപ്പോൾ സ്ഥിതി പരമദുഃഖമാണ് എല്ലാം ഗംഭീരമായിട്ട് പണമുണ്ട് മൂന്നാല് വീടുണ്ട് നാലഞ്ച് കാറുണ്ട് ഒക്കെ അനുഭവിച്ചു പലരും പേ എന്നോട് ഒന്ന് പറയുന്നത് കേൾക്കണം അച്ഛന് ആരുടെയും കുറ്റമല്ല തീരെ സുഖനില്ല സാർ ഒരു സ്വസ്ഥതയും ഇല്ല ഒരു സ്വസ്ഥതയും ഇപ്പൊ പിന്നെന്താ ഒരേ ഒരാശ്രയം ടി വി ചാനലുകളും റിമോട്ട് കൺട്രോളറും മാത്രമാണ് അച്ഛനിങ്ങനെ കിടക്കുന്നു കാലത്തെ എണീറ്റാൻ അതിന് ചായ ഒക്കെ അവിടെ കൊണ്ട് കൊടുക്കും പക്ഷെ ഇപ്പോൾ അതും ബുദ്ധിമുട്ടായി സാർ അച്ഛന് കണ്ണു നേരെ കണ്ണുന ഇനിയിപ്പോ ചികിത്സിക്കാനും പറ്റില്ല അച്ഛനാകെ കിടന്നെടയുക എന്താ ചെയ്യാൻ ശുശ്രൂഷിക്കാൻ നിൽക്കുന്നവരോടൊക്കെ കടുത്ത ദേഷ്യം അതും വരും അവസാനമാകുമ്പോൾ ഒരു കാരണവുമില്ല അത് കോപം നിയന്ത്രിക്കാനൊന്നും യാതൊരു ശ്രമവും നടന്നിട്ടില്ല തത്വബോധനില്ല നേരെ ഇതൊക്കെ വെറും നൈമികരമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മഹാബലിനെ ചിന്തിക്കുന്നത് പോലെയൊക്കെ ചിന്തിച്ച് മുമ്പോട്ട് പോയിരുന്നെങ്കിലും ആ ഈ ശരീരം ഇനി വച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് ബോധ്യമാകുമായിരുന്നു പക്ഷെ അതല്ല ഒരടത്തുമില്ല ഈ തത്വബോധം എവിടെയില്ലയോ അവിടെ അവസാനമാവുമ്പോൾ വലിയ വ്യവസായികൾ വലിയ ശാസ്ത്രജ്ഞന്മാർ പോലും ശാസ്ത്രജ്ഞന്മാർ ഈ സത്യമറിയാതെ ശാസ്ത്രരംഗത്തും മറ്റുന്നു അവരൊക്കെ അവസാനമാവുമ്പോൾ ഭൗതികവാസനകളാൽ കർക്കശമായി നിയന്ത്രിക്കപ്പെട്ട് ദുഃഖിച്ചപ്പെടില്ല എല്ലാം നഷ്ടമാകുന്നു ഇതെല്ലാം മഹാബലി എന്നെ പറയും മഹാബലിയുടെ ഇന്നെല്ലാം ഭഗവാൻ പിടിച്ചു വാങ്ങിച്ചു കളഞ്ഞു എന്നാണല്ലോ പലർക്കും പരാർത്തി പക്ഷേ മഹാബലി പറയുന്നു വാമനനായിട്ട് എന്റെ അടുത്തൊന്ന് പിടിച്ചു വാങ്ങുന്നു പക്ഷേ മരണരൂപത്തിൽ എല്ലാവരുടെയും അടുത്ത് അങ്ങെത്തും സ്വന്തം ശരീരമുൾപ്പെടെ സകലതും പിടിച്ചു വാങ്ങാൻ കഷ്ടം ഈ മൂഢമതിയായ മനുഷ്യൻ അതറിയുന്നില്ലല്ലോ എന്ന് മഹാബലി തന്നെ ഭഗവാനോട് പറയുക എന്ന് പറഞ്ഞാൽ ഒടുവിൽ എന്തു കിറ്റി മരണവിപ്രാണത്തിൽ കിടന്നു പെടുക എന്താശ്വാസം ഭാഗവതത്തിലെയും മറ്റും ചോദ്യം തന്നെ എന്താ പരീക്ഷിച്ച് ചോദിക്കുന്നത് ശിവനോട് ചോദിക്കുന്നത് സംസിനാൻ പരണം ഗുരു പുരുഷസേഹ കിം കാര്യം മ്രിയമാണസ് സർവത സർവതാമ്രിയമാണസ് മരിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയുള്ള പുരുഷന് മരണം വന്നെത്തും അവിടെ എന്തായത് ശിവൻ പറയുന്നു മറുപടി ഏതാവാൻ സംഖ്യയോഗാഭ്യാം സ്വധർമ്മപരിനിഷ്ഠയാ ജന്മലാഭപ്പരപ്പുംസം അന്തേ നാരായണസ്മൃതി അവസാനം മറ്റൊന്നും എണ്ണം ഭഗവാന് മാത്രം എന്താ സർവത്തമറിഞ്ഞിരിക്കുന്ന ആ സത്യത്തെ ഉള്ളിൽ നല്ലവണ്ണം ഓർമ്മിക്കാൻ കഴിഞ്ഞാൽ ഞാനതാണ് മരണമില്ല എന്നോർമ്മിക്കാൻ കഴിഞ്ഞാൽ അത് സാധിക്കണം അതല്ലെങ്കിൽ ജീവിതം പരമദുരന്തത്തിൽ കലാശിക്കും അതുകൊണ്ട് ബലി നിശ്ചയിച്ചു ഭാഗൃതയെ കിമന്യത്ത ദ്രവ്യമവിനാശയത് എതത് സഞ്ചിന്തയാശു ദൂ മത്തി തസോ ബലി പുറമേ നിന്നുള്ള വസ്തുക്കളെ അനുഭവിക്കാത്ത നിത്യമായ ഒരു വസ്തുവിനെ ആശ്രയിച്ച് ദുഃഖം ഇല്ലാതെ സുഖിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ അങ്ങനെ ഒരു വസ്തു തന്നെ ഉണ്ടോ എന്തായാലും ഞാനിത് നല്ലവണ്ണം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഉറപ്പിക്കാൻ തീരുമാനിച്ചു അതല്ല ബുദ്ധി കൊണ്ട് ആലോചിച്ചു ആലോചിച്ചപ്പോഴാണ് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മവും പള്ളു പറഞ്ഞു കൊടുത്ത രാജ്യഭാരമേൽക്കുന്നതിന് മുൻപ് തന്നെ അച്ഛൻ വിരോചനൻ അത് കഴിഞ്ഞ് വിരോചനന്റെ ശരീരം ദേവന്മാർ കൊണ്ടുപോവുക വിരോചനൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മവും അസ്ഥിപുത്ര അതിവിതോദ്ദേശോ വിപുലകൂടര ത്രൈലോക്യാം സഹസ്രാണി രക്രമന്തി ബഹൂണ്യപി അങ്ങനെ ഒരിടമുണ്ടോ അച്ഛ അങ്ങനെ ഉണ്ട് അത്യന്തം വിസ്തൃതമായ ഒരിടം ആദ്യയില്ല അന്തമില്ല ഒരിക്കലും നാശമില്ല അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ചുറ്റിത്തിരിയുന്നതായി തോന്നുന്നത് ആ ദേശത്തിലാണ് അതാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധം ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ എവിടെ ചുറ്റിത്തിരിയുന്നു അതുണ്ടെന്ന് തോന്നുന്നത് തന്നെ ബോധത്തിൽ ചുറ്റിത്തിരിയുന്നു എന്നുള്ളതിന്റെ തെളിവാണ് യഥാർത്ഥത്തിൽ ചുറ്റിത്തിരിയുന്നുണ്ടോ ഇല്ല നമുക്ക് തോന്നുന്നു അപ്പൊ എന്താ വേണ്ടത് അതുമൊക്കെ വസ്തുവിൽ കാണുന്ന ഭ്രമം വസ്തുതന്നെ ഇതും കൂടെ ഓർമ്മിച്ചുള്ളൂ ബോധം ജഡം ജഡഭ്രമം അന്തിമമായിട്ട് ജഡം എന്താണ് ബോധം തന്നെയാണ് അതെങ്ങനെ സാ അതെ കയറിൽ കാണുന്ന പാമ്പ് അന്തിമമായി എന്താണ് കയറ് തന്നെയാണ് അല്ലാതെ അവിടെ പാമ്പില്ല അറിവുള്ളവരത് പറഞ്ഞു തരുന്നു അവരെ വിശ്വസിച്ചെങ്കിലും അത് തീരുമാനിക്കുക ഈ ജഗത്ത് മുഴുവൻ ബ്രഹ്മം മാത്രം ബോധം മാത്രം എന്തുകൊണ്ട് കാണുന്നതൊക്കെ അതിലെ ഗർഭ്രമദൃശ്യങ്ങളാണ് വസ്തുയിലെ ഭ്രമം മുഴുവൻ വസ്തു തന്നെ മരുഭൂമിയിലെ കാനഹജലവും മരുഭൂമി തന്നെ അതുറപ്പിക്കുക എന്തതാണ് എന്ത് കണ്ടാലും ബ്രഹ്മം അതായത് ഈശ്വരൻ ബ്രഹ്മമാണ് ശാസ്ത്രീയമായ ഈശ്വരൻ മറ്റെല്ലാ ഈശ്വരന്മാരും എല്ലാ മതങ്ങളിലെ ഈശ്വരന്മാരും കൽപ്പിതങ്ങളായ അസത്യങ്ങൾ ഇത് ശാസ്ത്രം അല്ല മതമല്ല ഇത് ശാസ്ത്രമാണ് ഈ കാണുന്ന നാമരൂപങ്ങൾ നാമരൂപങ്ങൾ ബോധം നാമം രൂപം സ്വർണ്ണം ഉപനിഷത്ത് നൽകുന്ന ദൃഷ്ടാന്ത്വം നിരവധി ആഭരണങ്ങൾ എന്താ വസ്തു സ്വർണം ആഭരണങ്ങളോ നാമരൂപങ്ങൾ സ്വർണത്തിലെ നാമരൂപങ്ങൾ നാമരൂപങ്ങൾ ഒരിടത്തും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല അതുപോലെ ബോധമാണ് ജഗത്തിൽ വസ്തു ഈ കാണുന്നതൊക്കെ നാമരൂപങ്ങൾ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുൾപ്പെടെ അത് ഭ്രമം യാതൊരു സംശയവും ഇല്ല അപ്പോ ഈ ഭ്രമങ്ങളെയും വസ്തുവായി കാണുക സ്വർണത്തിലെ നാമരൂപങ്ങൾ ആഭരണങ്ങൾ എന്താഭരണങ്ങൾ സ്വർണം തന്നെ അണുപോലും മറ്റൊന്നില്ല ഇനി എത്ര ആയിരമായിരം ആഭരണങ്ങൾ നിരന്നിരുന്നാലും സ്വർണ്ണമല്ലാതെ വേറെ വസ്തു ഇല്ല അതുപോലെ അനന്തകോടി ബ്രഹ്മാങ്ങളുണ്ടായാലും ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല സർവം ്രഹ്മമയം രേലേ സർവം ബ്രഹ്മമയം ഇതല്ലേ ഈ അടുത്ത കാലത്ത് സദാശിവ ബ്രഹ്മേന്ദ്രൻ പോലും നമ്മെ പാടിക്കേപ്പിച്ചത് ഇനി എന്തിനു സംശയിക്കണം ധൈര്യമുണ്ടെങ്കിൽ ആരോടും പറയണോ കാണുന്നതൊക്കെ ബ്രഹ്മമയം അടുക്കളയിലായാലും ശരി പാടത്തിലായാലും അവനവെന്റെ ഉള്ളിൽ പുറത്ത് തൽക്കാലം വേണമെങ്കിൽ പറയണ്ട ഒന്നേ ഇവിടെ ഉള്ളു രണ്ടില്ല ഓഫീസിലായാലും പാടത്തിലായാലും യുദ്ധക്കളത്തിലായാലും അർജുന സർവേഷുകാലേഷസ്മര ഉറപ്പ് വരുന്നത് അതെ അവനവെന്റെ കർമ്മം വിട്ടുവീഴ്ച കൂടാതെ ചെയ്യുക ഇതൊറപ്പിച്ചുകൊടുക്കും ോരോ ചുവടുവെപ്പിലും ബ്രഹ്മമല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല ഒന്നുമില്ല കൃഷ്ണനും ബ്രഹ്മം രാമനും ബ്രഹ്മം അടുത്ത നാലഞ്ച് ദിവസം മഹാബലിയുടെ ചരിത്രം ചർച്ച ചെയ്ത് ഇക്കാര്യം നമുക്ക് വിശദമായി ഉറപ്പിക്കാൻ ശ്രമിക്കാം ഇന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടില്ലെങ്കിൽ പോലും എന്തു ബോധ്യപ്പെടാൻ ഭാഗവതം ആദ്യത്തെ മംഗളശ്ലോകത്തിൽ പറയുന്നതാണ് മംഗളശ്ലോക് എന്തുണ്ടെങ്കിൽ ഈ രകത്തുണ്ട് എന്തില്ലെങ്കിൽ ഈ രകത്തില്ല ജന്മാദ്യോ അന്വയാതിതരത അന്വയയുക്തി വ്യതിരേ രുക്തി അന്വയുക്തി എന്താ എന്തുണ്ടെങ്കിൽ ജഗത്തുണ്ട് ബോധമുണ്ടോ ജഗത്തുണ്ട് എന്തില്ലെങ്കിൽ ജഗത്തില്ല ബോധമില്ലെങ്കിൽ ജഗത്തില്ല അതുകൊണ്ട് ജഗത്തായി കാണുന്നതൊക്കെ ബോധം അഥവാ ബ്രഹ്മം എന്തുണ്ടെങ്കിൽ ആഭരണങ്ങളുണ്ട് സ്വർണം എന്തില്ലെങ്കിൽ ആഭരണങ്ങളില്ല സ്വർണ്ണമില്ലെങ്കിൽ ആഭരണങ്ങളില്ല ചേള്ളപ്പം ഞാനിത് ആവർത്തിച്ചു പറയുന്നത് നമുക്കാർക്കും ഈ ജ്ഞാനമാണ് ഞങ്ങൾക്ക് പിടികിട്ടില്ല സാർ ഇതെന്ത് ഇതൊരു കൊച്ചു കുഞ്ഞിന് പിടികിട്ടുമല്ലോ സ്വർണ്ണമില്ലെങ്കിൽ ആഭരണങ്ങളില്ല അതുകൊണ്ട് ആഭരണങ്ങളായി കാണുന്നതൊക്കെ സ്വർണം നല്ല ഉറപ്പില്ലെങ്കിൽ പോലും ഇത് ഓർമ്മിക്കുക അങ്ങോട്ട് ഇറങ്ങുമ്പോൾ മുതൽ എന്താ കാണുന്നതൊക്കെ സർവം ബ്രഹ്മമായ ഇത് നമുക്കൊന്നു കുറച്ചെങ്കിലും ഒന്നുറപ്പിക്കാൻ പറ്റുമോ എന്ന് അടുത്ത ദിവസങ്ങളിൽ കുറച്ചുകൂടെ ചിന്തിക്കാം എല്ലാവർക്കും ഒരിക്കൽകൂടി എന്ത് പുറം